സിനായി പർവ്വതത്തിൽ വച്ച് മോശയോട് അരുളുചെയ്ത കാലത്ത് അഹരോന്റെയും മോശയുടെയും വംശ പാരമ്പര്യമാവിധം അഹരോന്റെ പുത്രന്മാരുടെ പേരുകൾ ഇവ ആദ്യജാതൻ നാദാ അബിഹു എലയാസ ഇഥാമ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവരായി അഭിഷേകം ലഭിച്ച പുരോഹിതന്മാരായ അഹരോന്റെ പുത്രന്മാരുടെ പേരുകൾ ഇവ തന്നെ എന്നാൽ നാദാബും അബിഹുവും സിനായി മരുഭൂമിയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ അന്യഅ്നി കത്തിച്ചപ്പോൾ യഹോവയുടെ സന്നദ്ധിയിൽ വച്ച് മരിച്ചുപോയി അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല എലയാസാരും ഈഥാമാരും അപ്പനായ അഹരോന്റെ മുമ്പാകെ പുരോഹിത ശുശ്രൂഷ ചെയ്തു പോന്നു യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് നീ ലേവി ഗോത്രത്തെ അടുക്കൽ വരുത്തി പുരോഹിതനായ അഹരോന് ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവന്റെ മുമ്പാകെ നിർത്തുക അവർ സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ അവന്റെ കാര്യവും സർവസഭയുടെ കാര്യവും നോക്കി തിരുനിവാസത്തിലെ വേല ചെയ്യണം അവർ സമാഗമന കുടാരത്തിനുള്ള ഉപകരണങ്ങളൊക്കെയും ഇസ്രായേൽ മക്കളുടെ കാര്യവും നോക്കി കുടാരം സംബന്ധിച്ചുള്ള വേല ചെയ്യണം നീ ലേവ്യരെ അഹരോനും അവന്റെ പുത്രന്മാർക്കും കൊടുക്കേണ്ട ഇസ്രയേൽ മക്കളിൽ നിന്ന് അവർ അവന് സക്ഷാൽ ദാനമായുള്ളവർ അകുന്നു അഹരോനെയും പുത്രന്മാരെയും പൌരോഹിത്യം നടത്തുവാൻ നിയമിച്ചാക്കണം അടുത്തുവരുന്ന അന്യന് മരണശിക്ഷ അനുഭവിക്കണം യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ പിറക്കുന്ന എല്ലാ കടിഞ്ഞൂലിനും പകരം ഞാൻ ലേവ്യരെ ഇസ്രായേൽ മക്കളിൽ നിന്ന് എടുത്തിരിക്കുന്നു ലേവ്യർ എനിക്കുള്ളവരായിരിക്കണം കടിഞ്ഞൂലെല്ലാം എനിക്കുള്ളത് ഞാൻ മിശ്രയും ദേശത്ത് കടിഞ്ഞൂലിനെയൊക്കെയും കൊന്ന നാളിൽ ഇസ്രയേലിൽ മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെയെല്ലാം എനിക്കായിട്ട് ശുദ്ധീകരിച്ചു അത് എനിക്കുള്ളതായിരിക്കണം ഞാൻ യഹോവ അകുന്നു യഹോവ പിന്നെയും സീനായി മരുഭൂമിയിൽ വെച്ച് മോശയോട് അരുളി ചെയ്തത് ലവ്യരെ കുലംകുലമായും കുടുംബം കുടുംബമായും എണ്ണുക അവരിൽ ഒരു മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആണിനെയൊക്കെയും നീ എണ്ണ തന്നോടെ കൽപ്പിച്ചതുപോലെ മോശ യഹോവയുടെ വചനപ്രകാരം അവരെ എണ്ണി ലേവിയുടെ പുത്രന്മാരുടെ പേരുകൾ ഗർഷോൻ കെഹാ മെരാരി കുടുംബം കുടുംബമായി ഗർഷോന്റെ പുത്രന്മാരുടെ പേരുകൾ ലിബിനി ഷിമൈ കുടുംബം കുടുംബമായി കെഹാത്തിന്റെ പുത്രന്മാർ അമ്ര ഇസ്ഹാർ ഹെബ്രോൻ ഉസിയ കുടുംബം കുടുംബമായി മെരാരിയുടെ പുത്രന്മാർ മഹിളി മുഷി ഇവർ തന്നെ കുലംകുലമായി ലേബിയുടെ കുടുംബങ്ങൾ ഗർഷോനിൽ നിന്ന് ലിബിനിയരുടെ കുടുംബവും ഷിമ്യരുടെ കുടുംബവും ഉത്ഭവിച്ചു ഘർഷൂന്യ കുടുംബങ്ങൾ അവരിൽ ഒരു മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആണുങ്ങളുടെ സംഖ്യയിൽ എണ്ണപ്പെട്ടവരുടെ ആകത്തുകർഷൂന്യ കുടുംബങ്ങൾ തിരുനിവാസത്തിന്റെ പുറകിൽ പടിഞ്ഞാറെ ഭാഗത്ത് പാളയമിറങ്ങാണ് ഘർഷൂന്യരുടെ പിതൃഭവനത്തിന് ലായേലിന്റെ മകൻ എലിയാസ പ്രഭു ആയിരിക്കണം സമാഗമന കൂടാരത്തിൽ വ്യർശോന്യർ നോക്കേണ്ടത് തിരുനിവാസവും കൂടാരവും അതിന്റെ പുറം മൂടിയും സമാഗമന കൂടാരത്തിന്റെ വാതിലിനുള്ള മറശീലയു തിരുനിവാസത്തിനും യാഗപീഠത്തിനും ചുറ്റുമുള്ള പ്രാകാരത്തിന്റെ മറശീലയും പ്രാകാരവാതിലിന്റെ മറശീലയും അതിന്റെ എല്ലാ വേലയ്ക്കുമുള്ള കയറുകളും ആകുന്നു കെഹാത്തിൽ നിന്ന് അമ്രാമ്യരുടെ കുടുംബവും ഇസ്ഹരിയരുടെ കുടുംബവും ഹെബ്രോന്യരുടെ കുടുംബവും ഉസിയേലിയരുടെ കുടുംബവും ഉത്ഭവിച്ചു ഇവ കെഹാത്യരുടെ കുടുംബങ്ങൾ ഒരു മാസം മുതൽ മേലോട്ട് പ്രായമുള്ള എല്ലാ ആണുങ്ങളുടെയും സംഖ്യയിൽ വിശുദ്ധ മന്ദിരത്തിന്റെ കാര്യം നോക്കുന്നവർ എണ്ണായിരത്തി പേർ കെഹാത്യ കുടുംബങ്ങൾ തിരുനിവാസത്തിന്റെ തെക്കേ ഭാഗത്ത് പാളയമിറങ്ങേണ് കെഹാത്യ കുടുംബങ്ങളുടെ ഹൃദർഭവനത്തിന് ഉസിയേലിന്റെ മകൻ എലിസഫാൻ പ്രഭുവായിരിക്കണം അവർ നോക്കേണ്ടത് പെട്ടകം മേശ നിലവിളക്ക് പീഠങ്ങൾ വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾ തിരശീല എന്നിവയും അവയ്ക്കുള്ള വേലയൊക്കെയും ആകുന്നു പുരോഹിതനായ അഹ്രോന്റെ മകൻ എലയാസർ ലേവിർക്ക് പ്രധാന പ്രഭു വിശുദ്ധ മന്ദിരത്തിലെ കാര്യം നോക്കുന്നവരുടെ മേൽവിചാരകനും ആയിരിക്കേണ്ട മെരാജിയിൽ നിന്ന് മഹിളീയരുടെ കുടുംബവും മൂശ്യരുടെ കുടുംബവും ഉത്ഭവിച്ചു മെരാജിയ കുടുംബങ്ങൾ ഇവ അവരിൽ ഒരു മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആണുങ്ങളുടെ സംഖ്യയിൽ എണ്ണപ്പെട്ടവർ ആറായിരത്തി ഇരുന്നൂറ് പേർ മരാജയ കുടുംബങ്ങളുടെ പിതൃഭവനത്തിന് അബീഹയിലിന്റെ മകൻ സൂര്യൽ പ്രഭുവായിരിക്കണം ഇവർ തിരുനിവാസത്തിന്റെ വടക്കേ ഭാഗത്ത് പളയമിറങ്ങേൺ മരാജയ നോക്കുവാൻ നിയമിച്ചിട്ടുള്ളത് തിരുനിവാസത്തിന്റെ പല അന്താഴ്ച തൂൺ ചുവട് അതിന്റെ ഉപകരണങ്ങളൊക്കെ അത് സംബന്ധിച്ചുള്ള ഈ എല്ലാ വേലയും പ്രാകാരത്തിന്റെ ചുറ്റുമുള്ള തൂൺ അവയുടെ ചുവട് കുറ്റി കയറ് എന്നിവ എന്നാൽ തിരുനിവാസത്തിന്റെ മുൻവശത്ത് കിഴക്ക് സമാഗമന കൂടാരത്തിന്റെ മുൻവശത്ത് തന്നെ സൂര്യോദയത്തിന് നേരെ മോശയും അഹരോനും അവന്റെ പുത്രന്മാരും പാളയമിറങ്ങുകയും ഇസ്രയേൽ മക്കളുടെ കാര്യമായ വിശുദ്ധ മന്ദിരത്തിന്റെ കാര്യം നോക്കുകയും വേണം അന്യൻ അടുത്തുവന്നാൽ മരണശിക്ഷ അനുഭവിക്കാൻ മോശയും അഹരോനും യഹോവയുടെ വചനപ്രകാരം കുടുംബം കുടുംബമായി എണ്ണിയ ലേവ്യൽ ഒരു മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആണുങ്ങൾ ആകെ ഇരുപത്തിരായിരം പേർ യഹോവ പിന്നെയും മോശയോടെ കൽപ്പിച്ചത് ഇസ്രയേൽ മക്കളിൽ ഒരു മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആദ്യ ജാതന്മാരായ ആണുങ്ങളെയൊക്കെയും എണ്ണി പേരുപേരാൻ അവരുടെ സംഖ്യ എടുക്കുക ഇസ്രയേൽ മക്കളിലെ എല്ലാ കടിഞ്ഞോലുകൾക്കും പകരം ലേവ്യരുടെ മൃഗങ്ങളെയും എനിക്കായിട്ട് എടുക്കണം ഞാൻ യഹോവ ആകുന്നു യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ മോശ ഇസ്രായേൽ മക്കളുടെ എല്ലാ കടിഞ്ഞൂലുകളെയും എണ്ണി ഒരു മാസം മുതൽ മേലോട്ട് പ്രായമുള്ള ആദ്യ ജാതന്മാരായ എല്ലാ ആണുങ്ങളെയും എണ്ണിയ ആകെ തുകോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് മക്കളിൽ എല്ലാ കടിഞ്ഞൂലുകൾക്കും പകരം ലേഫിയരെയും അവരുടെ മൃഗങ്ങൾക്കു പകരം േവ്യരുടെ മൃഗങ്ങളെയും എടുക്കാം ലേവ്യർ എനിക്കുള്ളവരായിരിക്കണം ഞാൻ യഹോവാ അകുന്നു ഇസ്രയേൽ മക്കളുടെ കടിഞ്ഞൂലുകളിൽ ലേവ്യറുടെ എണ്ണത്തെ കവിഞ്ഞുള്ള ഇരുന്നൂറ്റി പേരുടെ വീണ്ടെടുപ്പിനായി തലയ്ക്ക് അഞ്ച് ശേഖൽ വീതം വാങ്ങണം വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം ഷേഖേൽ ഒന്നിന് ഇരുപത് ഗേര വെച്ച് വാങ്ങണം അവരുടെ എണ്ണത്തെ കവിയുന്നവരുടെ വീണ്ടെടുപ്പ് വില അഹരോനും അവന്റെ മക്കൾക്കും കൊടുക്കേണ്ട ലേവ്യരെ വീണ്ടെടുത്തവരുടെ എണ്ണത്തെ കവിഞ്ഞുള്ളവരുടെ വീണ്ടെടുപ്പ് വില മോശ വാങ്ങി ഇസ്രായേൽ മക്കളുടെ ആദ്യ ജാതന്മാരോട് അവൻ വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം ഒരായിരത്തി മുന്നൂറ്റി പണം വാങ്ങി യഹോവ മോശയുടെ കൽപ്പിച്ചതുപോലെ വീണ്ടെടുത്തവരുടെ വില മോശ അഹരോനും അവന്റെ മക്കൾക്കും യഹോവയുടെ വചനപ്രകാരം കൊടുത്തു കൊടുത്തു